സഹ അർത്ഥാത്മപ്രകാശപ്രകാശോ അത് അർത്ഥാത്മപ്രകാശമിനെ തസ്യ സ്വഭാവ പറഞ്ഞു വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒറ്റ ത തവണ പറഞ്ഞുകൊണ്ട് പ്രിയത്തില്ല കാരണം ഇത് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ തന്നെ പലതരത്തിലാണ് എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ പല വ്യാഖ്യാനാകും അമനിയുടെ നേരിട്ടുള്ള വ്യാഖ്യാനമാണ് ഊർജു ആ പേരുപോലെ ലളിതമാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് പക്ഷെ വിചാരിച്ചത് അങ്ങനെ അത്ര വ്യാഖ്യാനം ാരന്റെ ആശയം വെളിപ്പെടുത്തുമ്പം അത്ര എളുപ്പമല്ല മറ്റൊന്നാണ് ഗാമതിയുടെ വേദാന്ത കല്പ ദുരിതങ്ങളെയിരിക്കുന്ന വസ്തു അതിന്റെ വ്യക്തമാണ് പരിമളം അപ്പൊ ഈ രണ്ട് വ്യാഖ്യാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ പലയിടത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കാരണം അത് വിഷയം കുറച്ച് ഗഹനമായതാണ് കൽപ്പതുരുവിനെ തന്നെ വേറെ വ്യാഖ്യാനമുള്ളതാണ് ആഭോഗം അത് അതിന് വ്യത്യാസം വരും വ്യാഖ്യാനം ഈ പ്രദേശങ്ങളൊന്നും കൽപ്പതുരുവിനൊന്നും വിശദമായി വ്യാഖ്യാനിച്ചിട്ടില്ല കുറച്ച് പ്രവാസികളാണെങ്കിൽ കുറച്ച് വിശദമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് പിന്നെ വേറെന്നാണ് പ്രകാശ് വികാസ് രണ്ട് ഒരാൾ ഇങ്ങനെഴുതി രണ്ട് വ്യാഖ്യാനം ഇരിക്കുന്ന യോഗീന്ദ്ര ഗാന്ധിയുടെ ഹിന്ദി ഹിന്ദി എന്ന് പറയുന്നൊരു ട്രാൻസ്ലേഷനാണ് ഹിന്ദി അറിയാവുന്ന ഒരാളത് അടുത്ത് വായിച്ചതെന്ന് പറഞ്ഞാൽ അയാൾക്കൊന്നും മനസ്സിലാകത്തില്ല ഇത് ട്രാൻസ്ലേഷൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ല ഭയങ്കര ഒരു ഭാഷയിലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് വിശദീകരണം ഉണ്ടെങ്കിലേ മനസ്സിലാക്കും എന്താ ഈ പറയാൻ ഉദ്ദേശിക്കുന്നു ഇപ്പോൾ വാചസ്മിതി മിശ്രം തന്നെ പറയും നമുക്കറിയാവുന്നതിൻ്റെ നമ്മുടെ അറിവിന്റെ ഒരു ചെറിയൊരു അംശം പോലും നമുക്ക് എഴുത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല എന്തിനടുത്ത് പറയുന്ന എന്താണോ തന്നെ അറിഞ്ഞിരിക്കുന്ന അതിൻ്റെ ഒരു ചെറിയ അംശം പോലും എഴുത്തിലൂടെ പുറത്തു വരുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവരറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ദഹനമായിട്ടാണ് അവരറിഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് എഴുതി ആ എഴുതി എന്ന് നമുക്ക് കുറച്ചേ മനസ്സിലാക്കാൻ പറ്റും പിന്നെ നഷ്ടപ്പെട്ടുപോയ പല വ്യാഖ്യാനങ്ങളുണ്ട് ഇതുകൂടെയൊക്കെ നമുക്ക് കുറെശ്ശെ കുറെശേ കുറെശ്ശെ മനസ്സിലാക്കാൻ പറ്റും ഒറ്റയഴുകി അങ്ങോട്ട് എന്തായി പറയുന്നുള്ളത് മനസിലാക്കാൻ പറ്റും ഇവിടെയൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം അതുകൊണ്ടാവാറുണ്ട് ഒരുപോലെയല്ല എല്ലാവരുമേക്കാൻ മലയാളത്തിനൊന്നും ഇതിനൊരു വ്യാഖ്യാനം എഴുതാന്ന് പറയും ഇവിടെ ഒരു വ്യാഖ്യാനം എഴുതി വെച്ച ഇത് വായിക്കാൻ ആരെയും കിട്ടത്തില്ല ആര് വായിച്ചു മനസ്സിലാക്കും ഇതൊക്കെ എത്രയോ കാലം വേണം ഇതൊന്ന് വായിച്ചു മനസ്സിലാക്കണം അത്രയും സൂക്ഷ്മമായ തർക്കങ്ങളും ദഹനമായ ആശയങ്ങളും ഒക്കെ അതാണ് ഞാനിങ്ങനെ പതുക്കെ പക്ഷേ ഈ പ്രകടനത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ മുമ്പോട്ട് ചെല്ലുമ്പം ചെന്ന് എത്തുന്നത് അദ്വൈതത്തിന്റെ വലിയ തത്വത്തിലേക്കാണ് ഇങ്ങനെയാണ് പോകുന്നത് വലിയൊരു ഗഹനമായ തത്വത്തിലേക്കാണ് പോകുന്നത് അത് ആണ് അതിൻ്റെ പ്രയോജനം അങ്ങനെ അവിടെ എത്തണമെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് ിന് പോയി എഴുതണോക്കി ഒരുപാട് വർഷത്തെ ഒരുപാട് മണിക്കൂറുകള് കഠിന പ്രയെന്നുണ്ടായാലും അവിടെ പോയി എഴുതാൻ പറ്റും അറ്റന്റ് ചെയ്യാൻ പറ്റും പാസ്സാവുന്ന പേരും അതുപോലെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് കഠിനതകളൂടെ ചെന്നാലേ പറയുന്ന ആ അദ്വൈത തത്വത്തെ ശരിയായി ഉൾക്കൊള്ളാൻ പറ്റും അല്ലെങ്കിൽ അവിടെ പറയുന്ന എന്തെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല വിടെ പറയുന്നത് എന്താണ് അർത്ഥാത്മ പ്രഹേ പ്രകാശേന സഹ സംവിത് പ്രകാശം പിന്നെ പിടിച്ചാണ് മുമ്പ് ചർച്ച ഇവിടെ പറയുന്നത് പ്രഭാകരം പറയുന്ന മൂന്ന് കാര്യങ്ങൾ ആത്മാവ് അർത്ഥം സംവിദ് ഓ ഈ സംയുത്ത് സ്വയം പറയും ഇതുവരാണെന്ന ചർച്ചയുടെ ചുരുക്കം ആശയ സംയുത്വ സ്വയം പ്രകാശമാണെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് സംയുത് സംയുദ്ധനെ അറിവൊന്നാണ് അല്ലേ സംയുത്ത് സംയുത്തിനെ അറിവ് അപ്പോഴിവിടെ പ്രഭാകരനോട് ചോദിക്കുന്നത് സംയുത് സംയുദ്നെ അറിവ് പറഞ്ഞാൽ അങ്ങനെയാണ് സംയുക്ത എങ്ങനെ ആത്മാവിനെ അർത്ഥത്തെ അറിയും സംയുക്ത ആത്മാവിനെയും അർത്ഥത്തെ എങ്ങനെ അറിയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇതിടത്തെ ഇറങ്ങും എന്തുകൊണ്ടറിയില്ല പറഞ്ഞതിന്റെ ഒരു ചുരുക്കം സംയുത്ത് സംയുത്തിനെ അറിയും അർത്ഥത്തെ ആത്മാവിധി സംയുക്തനെ അറിയാൻ പറ്റി എന്തുകൊണ്ട് അതായത് സംയുക്തം എന്ന് പറയുന്നത് സ്വയം പ്രകാശമാണ് സ്വയം പ്രകാശം എന്ന് വെച്ച അർത്ഥം അറിയുന്നു എന്നാണ് സ്വയം പ്രകാശം എന്ന് വെച്ച ഇത്ര അറിയുന്നു അതിന് നമ്മൾ ഈ അനുഭവം നമ്മുടെ ബോധം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ബോധത്തെ കുറിച്ച് ബോധമുണ്ട് എന്റെ എനിക്ക് ബോധമുണ്ടെന്ന് പറഞ്ഞാ എന്താണ് എന്റെ ഈ ബോധമുള്ള അവസ്ഥയെ കുറിച്ച് എനിക്ക് ബോധമുണ്ട് എന്റെ ബോധത്തെ ഞാൻ അറിയുന്നുണ്ട് ഇപ്പൊ ഞാൻ എനിക്ക് പറയാൻ പറ്റൂ എനിക്ക് ബോധമില്ലാന്ന് പറയാൻ പറ്റൂ എനിക്ക് അറിവില്ലെന്ന് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നില്ല ഏ എനിക്ക് റിവില്ലാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നുണ്ട് ഓ ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ട് അവിടത്തെ പണ്ട് കേടുന്നു കേട്ടു പിടിച്ചിട്ടുണ്ട് എന്റെ ചോദ്യം എന്താണ് അത് വിളിച്ചത് എന്റെ ചോദ്യം എന്തായിരുന്നു അത് കേറയി എന്നല്ല ചോദിച്ചത് അതെ ഇതൊന്നും എന്റെ ചോദ്യം അല്ല എന്റെ ചോദ്യം പറയാ ചോദ്യം പറയാൻ പിന്നെങ്ങനെ ഉത്തരം പറയും സംത്മാനെയും ഇപ്പൊ ഏകദേശം അടുത്ത് വന്നു അടുത്ത് വന്നു പക്ഷേ ഇത് എവിടെയെങ്കിലും പറഞ്ഞിരിഞ്ഞാ വരുത്തും നേരെ വരുത്തല്ല അതായത് ഞാൻ പറയുന്നു എനിക്ക് അറിവ് ഉണ്ട് ചോദ്യം ശ്രദ്ധിച്ചു മനസ്സിലാവും ഞാനിപ്പോ പറയാൻ എനിക്ക് അറിവുണ്ടെന്ന് ഇനിയാണ് ചോദ്യം എന്തുകൊണ്ട് ഞാൻ എനിക്ക് അറിവുണ്ടെന്ന് പറയുന്നു ഇതാണ് ചോദ്യം കറക്ട് ഉത്തരം വരുന്നു ഞാൻ മുമ്പ് പറഞ്ഞ ഉത്തരം തന്നെ പറയുന്നു ഞാൻ പറയുന്നു എനിക്ക് ബോധമുണ്ടെന്ന് എന്തുകൊണ്ട് എനിക്കങ്ങനെ പറയാൻ കഴിയുന്നു ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരം നിങ്ങള് മനസ്സിലാക്കും എന്ന് അറിയാൻ ഏർ ഇതൊക്കെ ഒരുപാട് കാലം വരുന്നു കേട്ട് കേട്ട് കേട്ട് തഴമ്പിച്ച കുറെ കാര്യങ്ങളാണ് അതൊക്കെ കളയണം നമ്മളെപ്പോഴും ഫ്രഷായിരിക്കണം ഫ്രഷായിരുന്നാലേ നമുക്ക് പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും നിറഞ്ഞ പാത്രത്തിൽ വളം നിറയ്ക്കാൻ പറ്റുമോ ഉം ഇവിടെ നിറഞ്ഞ പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പറ്റൂ ഇതാണ് കുഴപ്പം അതായത് എന്ത് അറിവ് അറിവിനെ അറിയുന്നു അതാണ് ഉത്തരം ഇതാണ് ഇവിടെ പ്രഭാരപുരു പറയുന്ന ഉത്തരം എന്താണ് സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ ആ അർത്ഥം കിട്ടത്തില്ല നമ്മള് പല അർത്ഥമുണ്ട് സ്വയം പ്രകാശം എന്നൊക്കെ പറയുമ്പോ അത് അർത്ഥം മാറി അറിവ് അറിവിനെ അറിയുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണ് ഏൻ അറിയുന്നില്ല എന്ന് എനിക്ക് പറയാൻ കഴിയാത്തത് അറിവിനെ അറിയുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല മനസിലായി പ്രഭാരും പറയുന്നതനുസരിച്ചാണ് അറിവിനെ അറിയുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല മറിച്ച് ഞാൻ പറയും എന്താണ് അറിവിനെ അറിയുന്നുണ്ട് അറിവിനെ അറിയുന്നില്ല എന്ന് പറയാൻ പറ്റാത്ത എന്തുകൊണ്ട് അറിവിനെ അറിയുന്നുണ്ട് ആരറിയുന്നുണ്ട് അറിവ് അതാണ് പ്രഭാകര പറയുന്നത് അറിവിനെ അറിവ് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത് എന്താണ് അതാണ് സ്വയംപ്രകാശത്തിന്റെ അർത്ഥം അറിവിനെ അറിവ് അറിയുന്നു അതുകൊണ്ട് എനിക്ക് അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അറിവിനെ ഞാൻ അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അറിവിനെ അറിയുന്നു പറയാൻ പറ്റൂ അറിവ് അറിവിനെ അറിയുന്നു അപ്പൊ അറിവിന്റെ കാര്യത്തിൽ തീരുമാനമായി അറിവ് അറിയുന്ന അറിയുന്നതാണോ അപ്പൊ ഇതിനാണ് പറയുന്നത് സംവിത് പ്രകാശം മനസ്സിലായത് സംയത് പ്രകാശം എന്ന് പറയുന്നത് എന്താണ് അറിവ് അറിവിനെ അറിയുന്നു എന്ന് പറയുന്നതാണ് സംയുത് പ്രകാശം സംയത്തിന്റെ പ്രകാശം അറിവിന്റെ അറിവ് ഈ അറിവിന്റെ അറിവിനെയാണ് നമ്മളെ അനുഭവം എന്ന് പറയുന്നത് അനുഭവം പുസ്തകത്തിന്റെ അനുഭവം ഉണ്ടോന്ന് ചോദിച്ചുണ്ട് അറിവിന്റെ അനുഭവം ഉണ്ടോന്ന് ചോദിച്ചാൽ എന്ത് പറയും ഉണ്ട് അറിവിന്റെ അനുഭവം ഉണ്ട് ഉണ്ടല്ലേ ഞാൻ അറിവ് ഈ അറിവിന്റെ അനുഭവം എനിക്കുള്ളത് കൊണ്ട് അറിവിനെ ഞാൻ അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്ന മറ്റൊരു പേരാണ് ഞാൻ അറിവുള്ളവനാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് ഞാനെന്ന് പറയുന്ന അങ്ങോട്ട് അതിനെ എടുത്തുകൂടെ ഞാനെന്ന് പറയുന്ന പ്രഭാകര ഗുരുവിന്റെ എന്താണ് അറിവിന്റെ ആശ്രയമാണെന്ന് അത് അറിവല്ല അറിവിന്റെ ആശ്രയമാണ് ഞാനെന്ന് നിന്ന് വേണം ഇതിനൊന്ന് പരിഷ്കരിച്ച് ശരിയായ അദ്വൈതത്തിലേക്ക് പോകാൻ അതുകൊണ്ട് ഇത് കൃത്യമായി അറിഞ്ഞിരിക്കും അപ്പോ എന്ന് പറഞ്ഞാൽ അറിവിനെ കുറിച്ചുള്ള അറിവിന്റെ അറിവ് റിനെ അറിയുന്നു എന്നതാണ് അത് സംഭവിക്കുന്നോണ്ട് അറിവ് സ്വയംപ്രകാശമാണ് ഇനി നോക്കുക അർത്ഥപ്രകാശം ആത്മപ്രകാശം ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അർത്ഥപ്രകാശം ആത്മപ്രകാശം എന്ന് പറയാൻ പറ്റുമോ ഏ പറ്റോ അർത്ഥപ്രകാശം ആത്മപ്രകാശം എന്ന് പറയാൻ പറ്റുമോ എങ്ങനെ പറ്റും അർത്ഥപ്രകാശം ചോദിക്കുന്നത് ചോദിച്ച് ശരിക്കും കേട്ടിട്ട് അതിന് മറുപടി പറയുണ്ട് ഞാൻ അദ്വൈതിയുടെ കാര്യം ഒന്നും ഇവിടെ ചോദിച്ചില്ല ഒന്നും പറയേണ്ട കാര്യ അർത്ഥപ്രകാശം അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങള് മനസിലാക്കിയെങ്കിൽ പറഞ്ഞില്ല അതൊരിക്കലും അറിയാൻ പറ്റില്ല കാരണം കാശമുണ്ട് എന്ന് വെച്ച അറിവ് അറിവിനെ അറിയുന്നോണ്ട് എന്ത് വരുന്നു പ്രകാശം ഉണ്ട് അറിവറിയത് പ്രഭാകരന്മാരുടെ സിദ്ധാന്തമാണ് പ്രഭാകര ഗുരുവിന്റെ സിദ്ധാന്തമാണ് സമിത് പ്രകാശമാണ് അർത്ഥപ്രകാശം ഉണ്ടാവണമെങ്കിൽ എന്തുവേണം അർത്ഥപ്രകാശം എന്തുവേണം അർത്ഥം അർത്ഥത്തെ തന്നെ അറിഞ്ഞാലേ പറ്റൂ അങ്ങനെ ഒരു ഏർപ്പാടില്ലല്ലോ ഉണ്ടാവത്തില്ലല്ലോ സംയുത്ത് മാത്രമാണ് സ്വയം പ്രകാശം മനസ്സിലായ പ്രകാരം എന്തായി സ്വീകരിക്കുന്നുള്ളൂ സ്വയം പ്രകാശം അപ്പൊ എന്ന് വെച്ചാൽ ഇത്രേ അതിനെ അറിയുന്നു പേരെന്തിനറിയുന്നു അർത്ഥം ഉണ്ടാകും സ്വയംപ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ് അത് അതിനെ അറിയുന്നു അപ്പൊ സംയത് സംയുത്തിനെ അറിയുന്നു അർത്ഥപ്രകാശം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം ഒന്നെ ഈ സംയത് അർത്ഥത്തെ പ്രകാശിപ്പിക്കണം വേണ്ടേ സംയത് അർത്ഥത്തെ പ്രകാശിക്കണെ പ്രകാശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം സംയുത്തിന് സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ പോരാ സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ എന്തിനെ പ്രകാശിപ്പിക്കത്തുള്ളു സംയത്തിനെ പ്രകാശിപ്പിക്കത്തുള്ളു അപ്പൊ ഇവിടെ സ്വയംപ്രകാശം എന്നേ പറയുന്നു ഇനി അർത്ഥത്തെ എടുക്കുക പുസ്തകത്തിൽ അവിടെ അർത്ഥപ്രകാശം എന്ന് പറയണെങ്കിൽ എന്ത് വേണം ഏ സം അർത്ഥപ്രകാശം എന്ന് പറയണെങ്കിൽ എന്തു വേണം അത് പറഞ്ഞില്ലേ പുസ്തകം പുസ്തകത്തെ അറിയണോ എന്നാലേ സംയുത് പ്രകാശം പുസ്തകത്തിൽ സംയത് പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണോ സംത് പ്രാശം അങ്ങനെങ്കിൽ അർത്ഥപ്രകാശം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അർത്ഥം അർത്ഥത്തെ അറിയണം കരുന്ന്ണ്ടോ ഇവിടെ എന്തോ ഇനി ആത്മപ്രകാശം എന്ന് പറഞ്ഞാലോ ആത്മാവ് ആത്മാവിനെ അറിയണം അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങൾ തോന്നുന്നു എന്തൊക്കെയാണ് സംയുത്പ്രകാശം അർത്ഥപ്രകാശം ഇത് മൂന്നും പ്രഭാകരംഗീകരിക്കുന്നതാണ് സംയുത്പ്രകാശമുണ്ട് അർത്ഥപ്രകാശമുണ്ട് ആത്മപ്രകാശം ഇവിടെ പൂർവക്ഷി പറയുന്നത് സംയുത്പ്രകാശം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ സിദ്ധാന്തം എന്താണ് സംയുത്ത് സംയുക്തനെ അറിയുന്നു എന്നാണ് പക്ഷെ നിങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ച് ആത്മാവ് വർത്തവാനറിയുന്നില്ല ഏ ആത്മാവ് വർത്തമാനെ അറിയുന്നില്ല അപ്പൊ സംയുത് പ്രകാശം ആത്മപ്രകാശം പറയാൻ പറ്റില്ല മനസിലാവേ അപ്പൊ അതിന് പ്രകാരം പറയും എന്നാണ് സംയത്ത് സംയുത്തിനെ അറിയുന്നത് കൊണ്ട് തന്നെ മനസിലായ സംയുത്ത് സംയുത്തിനെ അറിയുന്നതു കൊണ്ട് തന്നെ അർത്ഥപ്രകാശവും ആത്മപ്രകാശവും ഉണ്ടാകാം എന്നു വെച്ചാൽ ശ്രദ്ധിക്കണം സംയുത്തിന് പ്രകാശമുണ്ട് എന്നുള്ള കാരണം കൊണ്ട് തന്നെ എന്തുണ്ടാകാം അർത്ഥപ്രകാശവും ആത്മപ്രകാശവും ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ പണ്ഡിതനായതുകൊണ്ട് എന്തുവരും മാതാപിതാക്കൾക്കും പാണ്ഡിത്യവും ഉണ്ടാവും ഇതിന്റെ അർത്ഥം ഇത്രയും ഡീപ്പാണ് മനസിലായോ പറയുന്ന മനസിലായോ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പ്രഭാകരൻ സംയുത്തിനെ സ്വയം പ്രകാശമായി സ്വീകരിക്കുന്നുണ്ട് സ്വാഭിഷേകാശമായി സ്വീകരിക്കുമ്പോ അവർക്ക് എന്ത് പറയേണ്ടി വരും സംയുക് പ്രകാശത്തെ അംഗീകരിക്കും അത് പറയുന്നു പൂർവക്ഷകാശത്തെ പ്രകാശം പക്ഷെ അതുകൊണ്ട് സംയുത്പ്രകാശം ഉള്ളതുകൊണ്ട് അർത്ഥപ്രകാശവും ആത്മപ്രകാശവും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് പുത്തരന് പാണ്ഡിത്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പൂർവക്ഷി പറയുന്നത് നിങ്ങളീ പറയുന്ന സംയുക് പ്രകാശവും അർത്ഥപ്രകാശവും ആത്മപ്രകാശവും ബന്ധമില്ല സംയുത്പ്രകാശം എവിടെ ഇരിക്കത്തുള്ളൂ സംയുക്ത അതെന്തിനേ അറിയത്തുള്ളൂ അതാണ് നിങ്ങളുടെ സ്വയം പ്രകാശം അതിനൊരിക്കലും ആത്മാവിനെ അർത്ഥത്തെ അറിയാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾ പറയണം സംയുത്പ്രകാശം നിലനിൽക്കുന്നതുകൊണ്ട് അർത്ഥപ്രകാശവും ആത്മപ്രകാശവും ഉണ്ടെന്ന് പറഞ്ഞാൽ ത്മാവ് ഇതിനെ രണ്ടിനെ ആശ്രയിച്ചാണെന്തുണ്ടായത് സംയത്ത് ഇപ്പൊ സംയുത്ത് ജന്യമായി അർത്ഥവാത്മാവുമെന്തായി ജനകമായി ഇപ്പോൾ ജന്യത്തിൽ പ്രകാശമുണ്ട് അതുകൊണ്ട് ജനകത്തിനും പ്രകാശം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ്റെ പാണ്ഡിത്യം ഉണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾക്കും ാണ് ആ ഉദാഹരണവും ദൃഷ്ടാന്തവും ഈ ദാഷ്ടാന്തികവുമായിട്ടുള്ള ബന്ധം മനസ്സിലാവും ഇതാണ് ഇവിടുത്തെ ഗുരുതരമായ ഒരു ചോദ്യവുമായി പോറുവർക്കും നേരെ പ്രഭാകരന്റെ കാരണം പ്രഭാകരന്റെ ഈ സ്വയം പ്രകാശം അറിവ് അറിവിനെ എന്ന് പറയുന്നത് ശരിയാക മറ്റ രണ്ടും ജഡമാണ് അറിവിന് പ്രകാശം ഉണ്ടാകുന്നുണ്ട് ജഡത്തിന് പ്രകാശം ഉണ്ടാകത്തില്ല ഇതാണ് ഇതുവരെ പറഞ്ഞത് ചുരുക്കം മനസിലായ അദ്വൈതെ സംബന്ധിച്ച് പ്രശ്നമില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അദ്വീതം ഈ പറഞ്ഞ ദോഷം വരെ എന്തുകൊണ്ട് ആ ഇവിടെ അധ്യാസം അധ്യാസം സ്വീകരിച്ച എന്തവരും അറിവിന് ഈ പറയുന്ന ജഡവുമായിട്ട് ഒരു ബന്ധമുണ്ടാവും ഒരു സംബന്ധം അധ്യാസ സ്വീകരിക്കുന്നോണ്ട് വരുന്ന ഗുണതാണ് അറിവിന് ജഡവുമായിട്ട് ഇവിടെ എന്തുകൊണ്ടാണ് സംയുത്പ്രകാശം ഉണ്ടായി സംയുത്പ്രകാശം ഉണ്ടായി അർത്ഥപ്രകാശവും ആത്മപ്രകാശവും ഉണ്ടാകില്ല എന്ന് പൂർവക്ഷ പറയാൻ കാരണം എന്താണ് എന്തുകൊണ്ടാണ് മനസിലായ അർത്ഥം ആത്മാ പരസ്പര ഒരു ബന്ധമില്ല എന്തുകൊണ്ട് സംയുക്തന്റെ എന്ന് വെച്ചാൽ സംയുത്തനെ അറിയുക അപ്പൊ അതിന്റെ പണി കഴിഞ്ഞു മനസിലായ അറിയുക എന്ന് പറയുമ്പോ സംയുക്ത എന്തിനെ അറിയുന്നു സംയുക്തനെ അറിയുന്നു അർത്ഥവും പറയുന്ന ജഡം അപ്പൊ പിന്നെ അവിടെ അറിയുക എന്ന് പ്രശ്നവും വരുന്നില്ല അപ്പൊ ഇതിനെ സംയുക്തനേയും ജഡത്തെയും ബന്ധിപ്പിക്കാൻ പറ്റുന്നില്ല ഈ പറയുന്ന അനുസരിച്ച് ഇവരുടെ അറിവിനെ സ്വയംപ്രകാശമായി സ്വീകരിക്കുന്ന വച്ച് അങ്ങനെ ബന്ധമുണ്ടാക്കാൻ പറ്റുന്നു മനസ്സിലായ അപ്പൊ അദ്വൈതയും പരസ്പരം ബന്ധിപ്പിക്കും പക്ഷെ ബന്ധിപ്പിക്കാന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ിക്കുന്നതിനുള്ള തടസ്സം ഇതാണ് പഴയ കാലം മുതലേ എന്നും ഇന്നും ആധുനിക ശാസ്ത്രത്തിനും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്താണ് ആ പ്രശ്നം ഇതിനെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഞങ്ങള് പഠിച്ചതാണ് പഠിച്ചതാണ് പണ്ട് പഠിച്ച കളയാണ് ഇപ്പൊ പഠിച്ചത് അതാണ് ഭാഷകാരം തുടങ്ങി പണിത് തമപ്രകാശോസ്വഭാവയോ അജടവും ജഡവും എങ്ങനെയാണോ അത് ഇരുട്ടും വെളിച്ചതുപോലെ വിരുദ്ധ സ്വഭാവവും എങ്ങനെയാണ് യോജിപ്പിക്കും ഒരു പാത്രത്തിൽ അകത്ത് കുറച്ച് വെളിച്ചും കുറച്ച് ഇരുട്ടും ചേർത്ത് മിക്സ് ചെയ്യാൻ ഇതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതലായി ഇന്നും എല്ലാവരും പഴയ്ക്കുന്ന ഒരു പ്രശ്നം ഇതാണ് ആധുനിക ശാസ്ത്രം വിരുദ്ധ സ്വഭാവമുള്ള ഈ രണ്ടെണ്ണം എങ്ങനെ കൂടിച്ചേരും എങ്ങനെയെങ്കിലും കാര്യകാരണ രൂപത്തിലോ ഏതെങ്കിലും തരത്തിൽ കൂടിച്ചേർക്കാൻ പറ്റുമോ അവിടെയാണ് ഭാഷകാരന്റെ ഒരു ബുദ്ധി അത് ബോദ്ധന്മാരെ നിന്ന് കിട്ടിയാണ് സംഖ്യന്മാരും കുറെ ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട് ഭാഷകാരുടെ അങ്ങനെ ഒരു ആർക്കും തന്നെ എന്താണ് ഏത് കാലഘട്ടത്തിലും ആർക്കും തന്നെ കേവലമായ ഒരു ബുദ്ധി അങ്ങനെ ഒരു ബുദ്ധിയില്ല എന്റെ സ്വന്തം എന്ന് പറയുന്ന ഒരു ബുദ്ധിയില്ല എന്തുകൊണ്ട് എന്താണ് അങ്ങനെ ഒരാ ഒരു മനുഷ്യനായി ജനിച്ചേർക്കുന്നുണ്ട് സ്വന്തം ബുദ്ധി അങ്ങനെ എന്തുകൊണ്ടാണ് ഈ പരിണാമത്തിലൂടെ ഒരുപാട് ബുദ്ധി നമുക്ക് കൈമാറി കിട്ടിയിട്ടുണ്ട് പരമ്പരയായി വന്നു ചേർന്നിട്ടുണ്ട് അതും നമ്മുടെ നിലവിലുള്ള കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ശങ്കരക്ക് ഒരുപാട് കൈമാറി കിട്ടിയ ബുദ്ധികൾ ദൗദ്ധന്മാരും സാങ്കേ്യന്മാരും താർക്കികന്മാരും പിന്നെ തന്റേതായ കുറച്ച് ബുദ്ധിയുണ്ട് രണ്ടാംകൂടി ചേർക്കുമ്പോഴാണ് അത്വണ്ടത് ഈ പറയുന്ന സംയുത്തും ജഡവും ബന്ധിപ്പിക്കാവുന്ന വലിയ പാടാണ് പക്ഷിക്കാരെ കൊണ്ടുപിടിച്ച ഒരു വിദ്യയാണ് അധ്യാസം ആധ്യാസിക സംബന്ധം പിന്നെ അത്രമാത്രം ഫലവത്താണെന്നൊക്കെയുള്ള പിന്നെ വേറൊരു കാര്യം പക്ഷെ അങ്ങനെ ഒരു വിദ്യ കണ്ടു വിളിക്കും അതിന് പൂർണമായും സ്വന്തം വിദ്യയല്ല അതിന് പൂർവ പലതിനോടും ബന്ധമാണ് നമ്മുടെ ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോരു മനസ്സിലായോ മായ ബൗദ്ധമാൻ സ്വീകരിച്ചു ൗതമാലിന്നൊന്നാണ് ചങ്ങര ആര് പറഞ്ഞ പോലെ അല്ല വ്യത്യാസം ഉണ്ട് സ്വന്തം കൂടെ ചേർക്കും ഇവിടെ ആരുടെ അറിവ് എന്താണ് സ്വന്തം അറിവല്ല ചിലര് പറയും എന്താണ് പുസ്തകമൊന്നും പഠിച്ചിട്ടില്ല എല്ലാം ഉള്ളിൽ നിന്നും ഒന്നറിവാണ് വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ എന്തുകൊണ്ടത് അറിവിന് പുസ്തകം പഠിക്കണമെന്നില്ല പ്രസവം പഠിക്കാതെ തന്നെ എന്തോരാണ് ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കാം വ്യക്തികളുമായിട്ടുള്ള ഇടപാടുകളിൽ നിന്ന് പഠിക്കാം പരസഹായം കൂടാതെ ഒരിക്കലും ആർക്കും ഉണ്ടാവത്തില്ല ആ പരൻ ആരെന്നുള്ളതാണ് പ്രശ്നം പലതരത്തിലും പരന്മാരുണ്ടാവും എന്തായാലും പരസഹായം അതാണിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അടിസ്ഥാനപരമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ സ്വയം പ്രകാശം എന്ന് പറയുന്ന സംയുക്തം ജഡവുമായി ഒരു ബന്ധമില്ല ഇല്ലാതിരിക്കുന്ന നിങ്ങൾ എന്ത് പറയുന്നു സംയുത്പ്രകാശം അർത്ഥപ്രകാശം ആത്മപ്രകാശം ഇതെങ്ങനെ ശരിയാകും ശരിയാവുമെന്ന് പറഞ്ഞാൽ ഈ പിതൃപുത്ര പാണ്ഡിത്യം എന്ന് പറയുന്ന ദോഷമില്ല സംയുത്തിനും പ്രകാശമുണ്ട് അതുകൊണ്ട് അർത്ഥത്തിനും ആത്മാവിനും പ്രകാശമുണ്ടോ എന്ന് പറയുന്ന സ്വീകരിക്കേണ്ട അത് ഈ ദോഷമില്ല പിതൃപുത്രപാണ്ഡിത്യ ദോഷമില്ല അതൊരു ഉദാഹരണം തന്നെ പറഞ്ഞു ആ ഉദാഹരണം തന്നെ പറയണമെന്നില്ല കാര്യത്തിൽ ഒരു ഗുണം കാണുന്നുണ്ട് അത് കാരണത്തിൽ വേണമെന്ന് നിർബന്ധമില്ല അങ്ങനെ പറഞ്ഞില്ല ഇനി കാരണത്തിൽ ഇല്ലാത്ത ഗുണങ്ങളും കാര്യത്തിൽ കാണാം എന്ന് പറഞ്ഞാൽ അത് ഭൗതിക കാരണത്തിലില്ലാത്ത ഗുണങ്ങളും കാര്യത്തിൽ വരാ കാരണത്തിൽ നമ്മൾക്ക് അനുഭവപ്പെടാത്ത ഗുണങ്ങളും കാര്യത്തിൽ വരാമെന്ന് പറയുന്നതാണ് ഭൂവിശ്വാസം ഇവിടെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഗുണം ഇരിക്കുന്നു അത് കാര്യത്തിലുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കും അതുകൊണ്ട് കാരണത്തിൽ വരുമെന്ന് നിങ്ങൾ എങ്ങനെ പറയും വരാൻ വ്യത്യാസം എന്താണ് പണ്ട് ചാറവാകന്മാർ പറയുന്നത് മുറുകി തുപ്പുമ്പോ എങ്ങനെ ഇരിക്കും ചോപ്പിരി ഈ ചുവപ്പ് എന്ന് പറയുന്ന മുറുക്കാൻ ഉപയോഗിച്ച ഒരു സാധനത്തിലും കേട്ടോ നേരിട്ടോ അതുപോലില്ല ബാക്കി ചാനം ചെന്ന കയറി കാര്യം പക്ഷെ ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ചുവപ്പും പോവും മുറുകി തുപ്പുമ്പോ അവിടെ കാണുന്ന ആ ചുവപ്പ് എന്ന് പറയുന്നത് കാരണത്തില് ആ വർണ്ണം പക്ഷെ അവിടെ നൽകുന്ന രാസപ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് വരുന്നു ചുവപ്പ് വരുന്നു അപ്പൊ കാര്യത്തിൽ ഇല്ലാത്ത കാരണത്തിൽ ഈ ഭൗതിക ശാസ്ത്രം സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇന്നത്തെ ഭൗതികൾ കൂട്ടർ പറയുന്നത് ബ്രെയിനിൽ ഇല്ലാത്ത ബ്രെയിനൊരു ജഡമാണ് ആ ബ്രെയിനിലില്ലാത്ത ഒന്നാണ് സബ്ജക്ടിവിറ്റി എന്നുള്ളത് ഞാൻ ഇങ്ങനെയുള്ള ബോധം ബ്രെയിൻ വരുന്നതാണ് ബോധത്തിലിരിക്കുന്നു എന്താണ് ആ ബ്രെയിൻ എന്ന് പറയുന്ന കാരണത്തിൽ ഇല്ലാത്ത കാര്യമായ ബോധത്തിൽ വരാം ബ്രെയിനിന്റെ കാര്യമാണ് ബോധം എന്ന് പറയുന്നവരങ്ങനെയാ പറഞ്ഞു ചർവാകൻ പണ്ട് പറഞ്ഞു അതേ കാരണത്തിനുള്ളതേ കാര്യത്തിന് വരാ സംബോധിക്കാം ഇവിടത്തെ പ്രശ്നം നോക്കെന്താണോ ഈ ഒരു ഭാഗം കൃത്യമായി മനസ്സിലാക്കിയാലേ ഇനി മുമ്പോട്ട് പോകുന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് ഞാനിങ്ങനെ സ്ലോയിൽ പോകുന്നു ഒരുപാട് പറഞ്ഞു നിങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് എന്താ ഒന്നും മനസ്സിലും മനസ്സിലാക്കുന്നില്ല ഞാനിരുന്ന് പ്രസംഗിക്കുന്നു അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താ മനസ്സിലാക്കി പോകും പത്തിരുപത്തഞ്ചു വർഷമായിട്ട് വിദ്യാർത്ഥിയായിട്ടിരിക്കുക ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇരുപത്തഞ്ചു കൊല്ലം ആവില്ലേ അപ്പോ അത് കുറേശേ കുറച്ചെ മനസ്സിലാക്കി പോവുക നമ്മുടെ വൃത്തിക്ക് അനുസരിച്ച് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചപ്പോ ഇതെല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് തീർത്ത് തന്ന ഇടപാടാണ് പറ്റാവശ്യം അത്യാസ ഭാഷ മൂന്ന വയസ്സുകൊണ്ട് തീരാനുള്ളത് നാല് ദിവസം നാലോ എത്ര ദിവസമായി എത്ര മണിക്കൂറായി സഹഅത്മപ്രകാശേന സംകാശോ അപ്പോ ഇവിടെ പ്രഭാകരൻ പറയുകയാണ് ഞങ്ങളീ പറയുന്നതിന്റെ ചുരുക്കം ഇതാണ് ഇങ്ങനെയുള്ള പിതൃപുത്ര പാണ്ഡിത്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ അത് മാറ്റിവെക്കുന്നു സംയുത് പ്രകാശം ഉണ്ടാവുമ്പോ എന്താ പറയുക അർത്ഥ ആത്മപ്രകാശം ഉണ്ടായിരുന്നു ഇത്രയും അങ്ങനെ ഇതാണ് ഞങ്ങളുടെ സിദ്ധാന്തം മനസ്സിലായി എപ്പോഴാണോ സംയുത് പ്രകാശം ഉണ്ടാകുന്നത് അപ്പോ അർത്ഥാത്മപ്രകാശം ഉണ്ടായിരിക്കുന്നു എന്ന് വെച്ചാൽ പ്രകാരം ഉദ്ദേശിക്കുന്നു എന്തെന്ന് പറഞ്ഞാല് ഈ സംയുത് പ്രകാശം എന്ന് പറയുമ്പോൾ സംയുത്തിനെ അനുഭവം തന്നെയാണ് പക്ഷെ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വിശ്വസിക്കുന്നത് ഈ അനുഭവത്തിൽ കാക്കോട്ട പോലെ രണ്ട് സാധനം കാണും എന്താണ് അർത്ഥവും ഇതും കൂടെ കാണുന്നത് എന്നുവെച്ചാൽ അതിന്റെ പ്രകാശവും കാണും സംയുക്ത പ്രകാശത്തിന്റെ ഒരു പ്രത്യേകതയാണ് അർത്ഥത്തെ ആത്മാവിനെയും പ്രകാശിപ്പിക്കുന്നതാണ് അപ്പം മൂന്ന് കാര്യം കാണുന്നത് മറ്റൊന്ന് അർത്ഥം മറ്റൊന്ന് ഞങ്ങള് സ്വയംപ്രകാശം എന്ന് പറഞ്ഞാൽ ഇത്രയും മനസിലായി ഇങ്ങനെ പറയാൻ പറ്റും ഇത് പ്രഭാകരൻ പറയുന്ന പോലെ അല്ലെങ്കിലും അദ്വൈനീ അത് തന്നെ പറയുന്നത് എനിക്കെപ്പോഴാണോ ബോധം ഉണ്ടാകുന്നത് ആ ബോധത്തിൽ എന്തോരം അത് ത്രിപുടി രൂപത്തിലാണ് അവിടെ ഒരു ഞാൻ കാണും ഒരു വിഷയവും കാണും ആ ത്രിപുടിയെ കുടിച്ചാണ് ഇവിടെ പ്രഭാകരൻ പറയുന്നത് പിന്നെയാണ് ത്രിപുടി എന്ന് പറയുന്നത് സംയു പ്രകാശം എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു അർത്ഥപ്രകാശവും ആത്മപ്രകാശവും സാധിക്കും അതെല്ലാം ഒരുമിച്ചായിരിക്കും വീണ്ടും പ്രഭാകരനെ കുഴപ്പിക്കുകയാണ് സംയുതോ ഭിന്നോ സം അർത്ഥാത്മപ്രകാശവും ഒക്കെ ചോദിക്കുകയാണ് നിങ്ങളിത്തൂടെ മൂന്ന് പ്രകാശം പറഞ്ഞു സംയത് പ്രകാശം അർത്ഥപ്രകാശം ആത്മപ്രകാശം അപ്പോ ഈ സംയുത്പ്രകാശം എന്ന് എനിക്കുള്ളൊരു സംയുക്തമുണ്ടല്ലോ സംയുത്പ്രകാശം എന്താ സംയുത്തിന്റെ പ്രകാശം സ്വയം പ്രകാശം അപ്പൊ ചോദിക്കുന്നു ഈ സംയുത്പ്രകാശം അർത്ഥപ്രകാശം ആത്മപ്രകാശം ഈ മൂന്ന് പ്രകാശങ്ങള് സംയുക്തിൽ നിന്ന് ഭിന്നമാണോ അതെ അഭിന്നമാണോ മനസിലായോ ഇങ്ങനെയുള്ള വികല്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ ആ ചോദ്യം എന്തിനാ ചോദിക്കുന്നപ്പോഴും ഇത് പറയുന്നവരെ പൂർണ്ണമായും പരാജയപ്പെടുത്താനാണ് ചോദിക്കുന്ന ഒരാൾ പറഞ്ഞിട്ട് ആത്മാവിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് ആത്മാവിനെ അറിഞ്ഞിട്ടാണോ ആഗ്രഹം ഉണ്ട് അതായത് ആത്മാവിനെ അറിയാത്തോണ്ടാണോ ആഗ്രഹം ഉണ്ട് എന്തുപറയും ഉത്തരം ഉം ആത്മാവിനെ കുറിച്ച് അറിയാൻ വല്യ ആഗ്രഹമുണ്ട് ചോദിക്കുകയാണെങ്കിൽ ആത്മാവിനെ അറിഞ്ഞിട്ടാണ് ആഗ്രഹം അറിയാതെയാണ് ആഗ്രഹം ഉണ്ടായത് എന്തുത്തരം പറയും ആത്മാവിനെ അറിയാതെ പിന്നെ ആത്മാവിനെ കുറിച്ച് എങ്ങനെ ആഗ്രഹിക്കും ഏ മുമ്പോട്ട് ഇപ്പം ചർച്ച ചെയ്യുന്ന വിഷയമാണ് മുമ്പോട്ട് ജനം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ആത്മാ എന്നതിനെ കുറിച്ച് ആത്മാഅ അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടാണോ ആഗ്രഹിച്ചത് അറിയാതാണോ ആഗ്രഹിച്ചു അപ്പൊ അതിനകത്ത് എന്തോ ഒരു പ്രശ്നമില്ലേ ഉത്തരം നമുക്ക് ഉണ്ട് ഉത്തരം പക്ഷെ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുമ്പോ എന്താണ് കേൾക്കുന്ന ആളിനെന്തോ വരും ഒരു പ്രശ്നം അനുഭവപ്പെടില്ലേ എന്തേ അതിനോടൊന്നും ബുദ്ധിമുട്ടും അപ്പൊ ഈ കേൾക്കുന്ന ആളിനെ ബുദ്ധിമുട്ടിക്കാനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അവനൊന്ന് കുഴക്കുക അവനാകെ വരണ്ടു എന്താ ചോദിക്കുന്നു അറിഞ്ഞിട്ടാണോ ആഗ്രഹം അറിയാതെയാണോ എന്തോ ഒരു അവനെ ബുദ്ധിമുട്ടിക്കുക അതിനാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവിടെ ചോദിക്കുന്നു സംയുത്ത് ്രകാശം ആത്മപ്രകാശം അർത്ഥപ്രകാശം അപ്പൊ ഈ പറയുന്ന മൂന്ന് പ്രശാ പ്രകാശങ്ങൾ സംയുക്തിൽ നിന്ന് ഭിന്നമാണോ അതോ അഭിന്നമാണോ കുത്തിയിരുന്ന് ആരോഗ്യ എന്ത് പറയണോ ഭിന്നം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം അഭിന്നം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം അവനോട് ചോദിക്കുന്നത് തോദ്യത്തിനുവേണ്ടി എന്താണോ സംയുതോ ഭിന്നോ സംയുത്തിൽ നിന്ന് ഭിന്നമാണ് ഭിമാണോ സംയത് അർത്ഥാത്മപ്രകാശം എന്ന് പറഞ്ഞാൽ സംയുത് പ്രകാശവും അർത്ഥാത്മപ്രകാശവും രണ്ടു പ്രകാശികള് മൂന്ന് പ്രകാശങ്ങൾ സംയുദ് അർത്ഥാത്മപ്രകാശം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സംയുപ്രകാശവും അർത്ഥാത്മപ്രകാശം ഇത് എന്തിൽ ഭിന്നമാണോ എന്നാണ് ചോദിക്കുന്നത് ണോ എന്നാണോ യമണ്ടൻ ചോദ്യമാണോ മനസ്സിലാകാൻ ഉത്തരം മനസിലാകണമെങ്കിൽ എന്തു വേണം സാവകാശം ചിന്തിക്കും